അശ്രദ്ധമായി നിങ്ങൾ ചൊല്ലുന്ന സത്യങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുസുബാനഹൂവറ്റായാല നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ കരുതിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അവൻ നിങ്ങളെ ശിക്ഷിക്കുക അള്ളാഹുസുബഹാനഹൂവറ്റായാല ഏറെ പൊറുക്കുന്നവരും സഹനശീലനുമാണ്